മിച്ചോരു പട്ടിന്മേല നേരം മേള മാളിക മുകളിലിരുന്നരുളന്ത ഏഴു രണ്ടൂര കൂവാടിയായ തമ്പൂരാനേത്രയും താഴെ തൻ്റെ വായസ്നെ ദൂരത്തു കണ്ടു തതൈല ത്ര കഷ്ടമിത്രയും മൂഷിഞ്ഞ ജീർണപത്രം കൊണ്ടു തട്ടോടുത്തിട്ടു തരിയവുമിട്ടു തരാതി തേടി തൈരൈത്തി തരാതി തേടി തൈര